ഓ ആദം സന്തതികളെ നിങ്ങളുടെ രഹസ്യഭാഗങ്ങൾ മറയ്ക്കുന്നതിനുള്ള വസ്ത്രവും അലങ്കാര വസ്ത്രങ്ങളും നാം നിങ്ങൾക്കിറക്കിത്തന്നു എന്നാൽ തക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമം ഇതല്ലാഹു സുബാനഹു തായാലായുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവർ ഓർമ്മിക്കാനായി